ശേഷം വ്യാഖ്യാനിക്കും എന്താ പറയുക പശുവാദികൾ പശുവാദികൾ പക്ഷി നിറാദികൾ എല്ലാം ശബ്ദാധിപിതിനേ സതിരിയങ്ങളും വിഷയവുമായിട്ടുള്ള സംബന്ധം ഉണ്ടാക്കുന്നത് ശബ്ദാധിപിജ്ഞാനി പ്രതികൂലജാതി അവിടെ വിഷയജ്ഞാനം ഉണ്ടാകും അത് പ്രതികൂലമാണെന്ന് അവിടെ നിന്ന് പിന്തിരിയുന്നു എല്ലാ പക്ഷി മൃഗാദികളും അങ്ങനെയല്ല അനുകൂല അനുകൂല അങ്ങോട്ട് പ്രവർത്തിക്കും യഥാ ദണ്ഡ ഉദ്യതകരം പുരുഷം അഭിമുഖം ഉപലഭ്യ മാഹന്തും അയം ഇച്ഛതീരി പലായുധമാരബന്തി അതെന്ന് പറയും ദണ്ഡ ഉദ്യുതകരം പടി ഉയർപ്പടിച്ച കയ്യോടുകൂടി അഭിമുഖമായി നേരെ എതിരെ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാൻ വരുന്നു പറഞ്ഞ് ഓടിപ്പോർണപൂർണ പാണി ഉപലബ്യപിടിച്ചുകൊണ്ട് ഒരുത്ത മുമ്പ് നീക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തൻപ്ര അഭിമുഖീഭവന്തി അവന്റെ നേരെ പോകുന്നു മൃഗങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുരുഷാഭ്യുപന്ന മാരും വിജ്ഞാനുള്ളവരും കുറിച്ച് അറിവുള്ളവർ ക്രൂര ക്രൂരമായ അട്ടഹസിച്ചുകൊണ്ട് ഖഡ്കുദ്ധകരാൻ കയ്യിലൊരു വാളുയരത്തി പിടിച്ചുകൊണ്ട് ബലപത വളരെ ബലമുള്ളവർ തന്നെ ഉപലഭ്യ കണ്ടു കഴിഞ്ഞാൽ തത് അവിടെ നോടിപ്പോകുന്നു തത് വിപരീത മറിച്ച് അതിന് നേരെ വിപരീതമായ ഒരാളെ കാണുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രസിദ്ധീകരിക്കുന്ന ആളെ കാണുകയാണെങ്കിലോ പ്രതി പ്രവർത്തന്തി അങ്ങോട്ട് പ്രവർത്തിക്കുന്നു അതോ സമാന പശുവാദിപ അതുകൊണ്ട് പശു മൃഗാദികളോട് സമാനമാണ് പുരുഷാണ മനുഷ്യരുടെയും പ്രമാണ പ്രമേയ വ്യവഹാരം പ്രമാണ പ്രമേയ എന്താണോ പക്ഷി മൃഗാദികൾക്കും മനുഷ്യനും തമ്മില് വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമില്ലെന്നണ്ടാവില്ല പക്ഷെ മൃഗാദികൾ പോലെ തന്നെ മനുഷ്യൻ പ്രവർത്തിക്കും മനുഷ്യന് സദാചാരബോധം ഇങ്ങനെയുള്ള മൂല്യബോധങ്ങളെ കണ്ട് മൃഗങ്ങൾക്കാവുന്നില്ല മനുഷ്യനോളം ഇല്ല ചെറിയ രീതിയിലായിരിക്കും കാണും പക്ഷെ മനുഷ്യനോളതൊന്നും ഇല്ല അപ്പോൾ പ്രമാണ പ്രമേയകാരം എന്ന് പറയുന്നത് പൊതുവായി ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങൾ ഗ്രഹിക്കുക അതിനോട് അനുകൂല പ്രതികൂല ഭാവങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിവേകത്തിൻ്റെ വിഷയം വേറെയാണ് മനുഷ്യന് ഇങ്ങനെ എന്താണ് ആത്മബോധമുണ്ടാകുന്നു പക്ഷി പ്രവാഹിപ്പിക്കൊന്നും അതുണ്ടാകുന്നില്ല അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട് ഒരുപോലെ എന്നുള്ളതല്ല വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അനുകൂല പ്രതികൂല ഭാവങ്ങളെന്നു കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് എന്താണ് പ്രതികരണങ്ങൾ സാധാരണ അതിലൊരു പൊതു സ്വഭാവം എല്ലാത്തിനുമുണ്ട് അതെന്തുകൊണ്ട് പശുവാദിന് പ്രസിദ്ധ അവിവേക പരിസരം പ്രത്യക്ഷാദിപാല പക്ഷാദികള് പശുവിഷമാദികളെല്ലാം അതിന്റെ പ്രവൃത്തിയിൽ എന്താണ് മനുഷ്യന്റേതായ വിവേകം അവിടെ കാരണം വിവേകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിവേകം അവിടെ ഇല്ല വിവേക പുരസ്തരം അതിനു മുൻനിർത്തിയാണ് അതിന്റെ വിവഹാരം സഹജമായ അതിന്റെ മാനസിക ചേഷ്ഠകൾ അതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു സാമാന്യ ദർശന അതിനു തുല്യമായി കാണപ്പെടുന്നുകൊണ്ട് വിത്പത്തിമതാമ വിജ്ഞാനമുള്ള പുരുഷന്മാർക്കും പ്രത്യക്ഷാതി പ്രത്യക്ഷാതി വ്യവഹാരം തത്കാല ആ വ്യവഹാര സമയത്ത് എന്താണ് സമാനം എന്ന് വെച്ചാൽ അധ്യാസപൂർവകമാണ് അവിടെ വ്യവഹാരം അധ്യാസപൂർവകം അതാണ് പറയുന്നത് അല്ല വ്യവഹാരത്തിൽ എല്ലാ അർത്ഥത്തിലും സാമ്യം ഉണ്ടെന്നല്ല ഇവിടെ തുല്യത പറയുന്ന ഇതാണ് പക്ഷിമൃഗാദികളും അധ്യാസം ഉള്ളത് കൊണ്ടാണ് അവയും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടവിടെ അധ്യാസത്തെ പ്രവൃത്തി കാരണമായി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നിർഗുണബ്രഹ്മമാണ് അവിടെ പ്രവൃത്തി നടക്കത്തില്ല അപ്പോ പ്രവൃത്തി നടക്കണമെങ്കിൽ എന്തുവേണം അവിടെ ഈ ആത്മ താതാത്മ്യം വരണം അധ്യാസ് വരണം കാരണം ആ താതാത്മ്യം വന്നുകഴിഞ്ഞാല് അഹംബോധം വരുത്തണം ആ അമ്പോധം വന്നുകഴിഞ്ഞാല് ബാക്കി പ്രവൃത്തികൾ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നു അപ്പോൾ അത് ഇവിടെ പറയുന്നതും ഇങ്ങനെ ബോധപൂർവകമായ പ്രവർത്തനങ്ങളാണ് അതും മനസിലാകും ബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സുഹൃത്തിയിലും അവിടെ അത്യാസം ഇല്ലെന്ന് പറയുന്നു പക്ഷേ ശരീരത്തിനും മറ്റും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനമല്ല ബോധപൂർവമായ പ്രവർത്തന എന്നുവെച്ചാൽ നല്ല പാഠം നിഗ്രഹിക്കുന്ന ഒരാളില് എന്തുണ്ട് ശ്വാസോച്ഛ്വാസമുണ്ട് അപ്പോൾ അത് ജാഗ്രതത്തിലേതുപോലെ അല്ല അത് പ്രാണപ്രവൃത്തിയാണ് എന്നാലും ശരീരത്തിൽ ബോധമില്ല എന്ന് ചോദിച്ചാൽ സൂക്ഷ്മമായിട്ട് ബോധമുണ്ട് സംക്രാതിരുടെ കാലത്ത് എം ആർ ഐ സ്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ വഴിയില്ലായിരുന്നു ഒരാൾ ഗാഠനിദ്രയിൽ കിടന്നാൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ ഇല്ലയോ ആ വ്യക്തിക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ട് ഇല്ല എന്നൊരു വാദമുണ്ട് എന്താ ഗാഠനിദ്രയിൽ ഒരാൾ എന്തെങ്കിലും പ്രവർത്തനം നടന്നാൽ അയാൾ അറിയുന്നില്ല അറിയാത്ത കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നൊരു വാദമുണ്ട് അപ്പോ വേറൊരാൾ നോക്കുമ്പോ എന്ത് ചെയ്യുന്നു വേറൊരാൾ നോക്കുമ്പോ അയാൾ പ്രവൃത്തി നടക്കുന്നുണ്ട് പക്ഷെ അയാളുടെ അയാൾക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയില്ല പിന്നെ ആ പ്രവൃത്തി നടക്കുന്ന എന്താണ് അതിനെ കാണുന്ന ഒരാളുടെ ദൃഷ്ടിയിലാണ് അതിനാരോപിത ദൃഷ്ടി എന്ന് പറയും ആരോപിത ദൃഷ്ടിയിലാണ് അയാൾ നടക്കുന്നതെന്ന് പറയും അത് അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയയാണ് അതായത് അതിനെയാണ് ദൃഷ്ടി സൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടി സൃഷ്ടിയില് പറയുന്ന എന്താണ് സ്വപ്നമാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത് നമ്മള് എന്തൊക്കെ കാണുന്നു കേൾക്കുന്നോ ഒക്കെ നമ്മളെ അനുഭവിക്കുന്ന സമയത്തേയുള്ളൂ ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിൽ എന്തൊക്കെ എപ്പോഴേ ഉള്ളൂ ആ സ്വപ്നം കാണുന്ന സമയത്തൊക്കെയോ സ്വപ്നം കഴിഞ്ഞാൽ സ്വപ്നം കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതില്ലോ ജാഗ്രത വരുമ്പോ സ്വപ്നത്തിൽ പറക്കും ജാഗ്രത വരുമ്പോൾ പറക്കുന്നില്ല സ്വപ്നത്തിൽ ചിറകുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത് ജാഗ്രത വരുമ്പോൾ ചിറകില്ല അപ്പൊ ദൃഷ്ടി എന്ന് പറയുന്നത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെയാണ് അതിനെ സമർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് അനുഭവ സഹ സമകാലത്തിൽ മാത്രമേ എന്തുള്ളൂ എല്ലാ വിഷയങ്ങളും ഉള്ളൂ അനുഭവം എന്ന് പറയുന്നു അത് എന്താണ് സ്വപ്നത്തെ ദൃഷ്ടാന്തമാക്കി പ്രയോഗിക്കുന്ന ഒരു യുക്തിയാണത് ഇപ്പോ ജാഗ്രത സ്വപ്നവും ഒരുപോലെയല്ല അപ്പോ സ്വപ്നത്തെ ദൃഷ്ടാന്തമാകിക്കൊണ്ട് ജാഗ്രത അനുഭവങ്ങൾക്ക് യുക്തി പ്രയോഗിക്കുന്നത് തന്നെ ഒരു യുക്തിഭംഗമുണ്ട് എന്തുകൊണ്ട് ജാഗ്രതയുടെ അനുഭവത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ അനുഭവിക്കുമ്പോഴേ ഉള്ളൂ അനുഭവിക്കുന്നപ്പോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ജാഗ്രതത്തില് ഒരു വിഷയത്തെ കുറിച്ചും പറയാൻ പറ്റത്തില്ല ഞാൻ അനുഭവിക്കുമ്പോഴേ ഉള്ളൂ അനുഭവിക്കുന്നെങ്കിലെന്ന് പറയാൻ പറ്റില്ല സ്വപ്നത്തെ സംബന്ധിച്ച് അത് പറയാം സ്വപ്നത്തെ സംബന്ധിച്ച് എന്താണ് അനുഭവിക്കുമ്പോഴേ ഉള്ളൂ അനുഭവിക്കാത്തപ്പോ ഇല്ല അതുകൊണ്ട് അതുപോലെ ജാഗ്രത എന്ന് പറയുന്നതിന് അതും ജാഗ്രതത്തിന് ഒരുപോലെ എന്ന് പറയുന്നതിന് യുക്തിയില്ല അത് അനുഭവമാണ് ഇതും അനുഭവമാണ് അതുകൊണ്ട് അതുപോലെ ഇതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്നതിന് യുക്തിയില്ല എന്തുകൊണ്ട് അത് സ്വപ്നം എന്ന് പറയുന്ന ഒരു സവിശേഷമായ അനുഭവമാണ് ജാഗ്രത പോലെയുള്ള ഒരു സത്യം ഇല്ല ഞാൻ അനുഭവിക്കുമ്പോഴേ എന്റെ അച്ഛനുള്ളൂന്ന് അറങ്ങിനും പറയാൻ പറ്റൂ ഇയാള് ജനിക്കുന്നതിനും അനുഭവം ഇല്ലായിരുന്നല്ലോ അപ്പൊ അച്ഛൻ ജനിച്ചു അപ്പൊ അതൊക്കെ എന്താണ് ഒരു യുക്തി പ്രയോഗിക്കുന്നതാണ് ആ യുക്തി എന്ന് പറയുന്നത് നനുഭവിക്കുമ്പോഴേ ഉള്ളൂന്ന് പറയുന്നതിന് വേറെ സ്വപ്നമല്ല വേറെ പറയാനില്ല മനസിലായോ ഉം ആ അത് വിഷ്ണു എന്തു ചെയ്തു തനിക്ക് വേണ്ട എല്ലാം സൃഷ്ടിച്ചു എന്നിട്ട് ബ്രഹ്മവിനെ സൃഷ്ടിച്ചു ബാക്കിയുള്ളതാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് അതങ്ങനെയാ പറയുന്നു വേണ്ട കിടപ്പാടും മറ്റുമൊക്കെ എന്തു ചെയ്തു വിഷ്ണുവിനെ സൃഷ്ടിച്ചു അപ്പൊ അത് കഴിഞ്ഞ് ബാക്കിയുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവ് ബാക്കിയുള്ള സൃഷ്ടിയും ബ്രഹ്മാവല്ലേ ചെയ്യുന്നു പിന്നെ ലോകപാലകന്മാരെ സൃഷ്ടിക്കും ബാക്കിയൊക്കെ അവരാ ചെയ്യുന്നു ഫുൾ സൃഷ്ടിപരമാവ് ചെയ്യുന്നില്ല അത് പുരാണങ്ങളിലുള്ള കഥയെന്ന് പറയുന്ന പോലും പൊട്ട കഥ അതിൽ എന്തെങ്കിലും അർത്ഥമുള്ള കാര്യങ്ങളാണ് അർത്ഥമുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ അതിനർത്ഥം കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം നമുക്കുള്ള പുതിയ സ്വന്തമായ അർത്ഥങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കഥയിൽ ഇല്ലാത്ത അർത്ഥങ്ങൾ കണ്ടെത്തിയിട്ട് പിന്നെ അതിനെ അന്യായീകരിക്കണമെന്നുള്ളത് അങ്ങനെയും ചെയ്യണം ഇതങ്ങനെയല്ല സ്വപ്നം എന്ന് പറയുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ജാഗ്രത പോലെ സത്യമായ അനുഭവം ജാഗ്രത നമുക്ക് സത്യമായ അനുഭവമാണ് അപ്പോൾ സ്വപ്ന ദൃഷ്ടാന്തത്തെ വച്ചും കൊണ്ട് ജാഗ്രതനെ പറയുന്നത് എന്താണ് ഇത് രണ്ടും തികച്ചും വിഭിന്നമാണ് രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അങ്ങനെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ പറയാം എന്താണ് ജാഗ്രത സ്വപ്നം പോലെയാണെന്ന് പറയാം എങ്ങനെ സ്വപ്നത്തിൽ അനുഭവവേളയിലേ എന്തുള്ളു അനുഭവിക്കുന്ന എന്താ ഉള്ളൂ അനുഭവം ഇല്ലാത്തപ്പോ അനുഭവിക്കുന്ന ഒന്നും എന്താ എന്ന് പറയാം അപ്പോ അത് സ്വപ്നത്തിലേക്ക് ശരിയാണ് ജാഗ്രതത്തിലേക്ക് അത് പറയാൻ പറ്റില്ല ജാഗ്രത നമ്മളെ അനുഭവമാണ് ജാഗ്രത അപ്പൊ സ്വപ്നത്തിന് വിലയുണ്ട് ജാഗ്രതത്തിന് വിലയില്ലെന്നാവുന്നേ സ്വപ്നത്തിലെ ക്ഷണികമായ ആ അനുഭവത്തിന് വലിയ വില കൽപ്പിക്കുകയും എന്താണ് ജാഗ്രത സത്യമായി അനുഭവിക്കുന്ന ജാഗ്രതത്തിന് വില ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് മനസ്സിലായോ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ് നമ്മൾ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സത്യമായി അനുഭവിക്കുന്നതിനെ അസത്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അസത്യമായ സ്വപ്നത്തിന് ദൃഷ്ടാന്തമാക്കി അതിന് മൂല്യം കല്പിക്കുകയാണ് അത് നേരെ വിപരീതമായ ചിന്തയാണ് അദ്വൈതികൾ അങ്ങനെയാ പറയുന്നത് അദ്വൈതികൾ അതിനെ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നു അപ്പൊ അദ്വൈതികളത് പറയുന്നത് എന്തുകൊണ്ട് സ്വപ്നം അസത്യമാണ് അതുകൊണ്ട് ജാഗ്രത അസത്യം എന്നല്ല അദ്വൈതകൾ പറയുന്നത് പറയുന്നത് എന്താണ് ജാഗ്രത അസത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജാഗ്രത അസത്വം എന്ന് പറയുന്നത് വേദം പറയുന്നു വേദമാണ് അവർക്ക് പ്രമാണം മനസിലായ വേദം അസത്യം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇവിടെ ഒരു ദൃഷ്ടാന്തത്തെക്കണത് സ്വപ്നം അപ്പൊ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് വേദത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് ജഗത്ത് അസത്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കാനൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൃഷ്ടാന്തമായിട്ട് എന്തിനെടുക്കുന്നു സ്വപ്നത്തെക്കുന്നു അതാണ് അധ്വതികളുടെ രീതി പക്ഷെ ക്രമേണ വന്നു വന്നു വന്ന് അദ്വൈതം ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ വേദം പറഞ്ഞു എന്ന് പറഞ്ഞ ആരും ഇതൊന്നും അംഗീകരിക്കത്തില്ല കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നുള്ള കാര്യത്തിൽ തർക്കമാണ് അങ്ങനെ വന്നെ അദ്വൈതികൾ എന്തായി പിന്നീട് വന്ന അദ്വൈതുകൾ പറയാൻ തുടങ്ങി സ്വപ്നം എന്ന് പറയുന്നത് അനുഭവകാലത്തേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ജാഗ്രത അല്ലെങ്കിൽ തിരിച്ചു പറയാനുള്ളത് എന്താണ് ജാഗ്രത് എന്ന് പറയുന്നത് അനുഭവകാലല്ലാതെയുമുണ്ട് അപ്പൊ അതുപോലെ അല്ല സ്വപ്നം ഒന്നും പറയാനുള്ള രണ്ടും തമ്മിലെന്താ വിനിഗമനമാണ് ഒന്ന് ശരിയാണ് ഒന്ന് തെറ്റാണെന്ന് പറയാൻ അനുഭവിക്കുമ്പോഴേ വിഷയങ്ങൾ ഉള്ളൂന്ന് പറയുന്നതിന് എന്താ വ്യക്തി ജാഗ്രത എന്ന് പറയുന്നത് എന്താണ് നമ്മളെ അനുഭവിക്കുമ്പോഴും അനുഭവിക്കാത്തപ്പോഴും ഉണ്ട് മനസ്സിലായ ഉണ്ടെങ്കിൽ അതുപോലെയല്ല സ്വപ്നം അത് അനുഭവിക്കുമ്പോഴേ ഉള്ളൂ രണ്ടും പേരാണെന്ന് പറയുന്ന സ്വപ്നം ജാഗ്രത വച്ചു കൊണ്ട് പറയാനുണ്ടോ ജാഗ്രത സ്വപ്നം വെച്ചുകൊണ്ട് പക്ഷെ അദ്വൈതമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമായി രൂപപ്പെടുത്തിയപ്പോൾ ആദ്യകാലത്ത് ആൾക്കാർ എന്ത് ചെയ്തു ശ്രുതിയെ വ്യാഖ്യാനിച്ചിട്ട് ശ്രുതിയിലുണ്ടെന്ന് പറഞ്ഞ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു രൂപപ്പെടുത്തി അങ്ങനെ രൂപപ്പെടുത്തി കഴിഞ്ഞ് ആ സിദ്ധാന്തത്തിന് പ്രചാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് കുറെ യുക്തിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ആ വേദത്തെ വ്യാഖ്യാനിച്ച് പറയുന്നതിന് പകരം പിന്നെ അദ്വൈതത്തെ എങ്ങനെ പറയാൻ തുടങ്ങി യുക്തികൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ തുടങ്ങി എപ്പോഴാണ് എന്തു പറയുന്നത് ഈ സ്വപ്നം പോലെയാണെന്ന് പറയുന്നു മനസ്സിലായി പിന്നെ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം എന്താണ് എനിക്ക് ഈ അനുഭവമൊക്കെ എനിക്ക് സ്വപ്നം പോലെ തോന്നുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണ് അത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു മറ്റൊരാൾക്ക് തോന്നാത്തടത്തോളം കാലം ഒരാൾ പറയുന്നതിന് അംഗീകരിക്കാനുള്ള ബാധ്യത ആർക്കും ആ ഞാൻ പറയണം എനിക്കിതൊക്കെ സ്വപ്നം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിൽ എന്നെ വിശ്വസിച്ചുകൊണ്ട് വേണം ആയിട്ട് പറയാം എന്താണ് ഇതൊക്കെ സ്വപ്നമാണ് പറയണെന്താ ഞാൻ പറയുന്നു എന്തുകൊണ്ട് എനിക്കെങ്ങനെ തോന്നി അപ്പൊ എന്റെ തോന്നെ ആസ്പദമാക്കി നിങ്ങൾക്ക് എന്തു പറയാം ഒരു സിദ്ധാന്തമായിട്ട് പറയാ പ്രപഞ്ചം സ്വപ്നം പോലെയാണ് എന്തുകൊണ്ട് രമണ മഹർഷി പറഞ്ഞു രമണമഹർഷിക്ക് അങ്ങനെ തോന്നിയായിരിക്കും രമണ മഹർഷിക്ക് പ്രപഞ്ച സ്വപ്നം പോലെ തോന്നിയെങ്കിൽ അതെന്താ അതെന്താണ് രമണ മഹർഷിയുടെ ഒരു പ്രശ്നമാണ് അതെന്റെ പ്രശ്നമാകുന്നു എങ്ങനെ രമണ മഹർഷിക്ക് പ്രപഞ്ച സ്വപ്നം പോലെ തോന്നി അതെന്റെ പ്രശ്നത്തിന് ൌമണ മഹർഷിയുടെ പ്രശ്നം വേണ്ടി അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണോ എൻറെ ഞാൻ കാണുന്ന ലോക സ്വപ്നമാണെന്ന് ഞാൻ പറയേണ്ട ബാധ്യത എനിക്കുണ്ട് അങ്ങനെ ഒരു ബാധ്യത എനിക്കില്ല രമണ മഹർഷിക്ക് സ്വപ്നമാണെങ്കിൽ ആയിക്കോട്ടെ അത് കുടിയുടെ പേഴ്സണലായ കാര്യം പ്രപഞ്ചം എന്താണ് സ്വപ്നം പോലെ കാണുന്നത് രമണമഹർഷിയുടെ വ്യക്തിപരമായ കാര്യമാണ് അത് ഒരു സിദ്ധാന്തമായിട്ട് ഞാൻ സ്വീകരിക്കേണ്ട കാര്യം ഞാൻ സ്വീകരിക്കണമെങ്കിൽ എന്നു വേണം എനിക്കും തോന്നണം ഈ പ്രപഞ്ച സ്വപ്നമാണ് എനിക്കങ്ങനെ തോന്നുന്നുണ്ടോ തോന്നുന്നില്ലെങ്കിൽ എനിക്കങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണഭക്ഷിക്ക് സ്വീകരിക്കാം പിടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അതൊക്കെ എന്താണോ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളല്ല അതൊക്കെ എന്താണ് കാൽപ്പനിക സിദ്ധാന്തങ്ങളാണ് കൽപ്പനായ ഹേതുത്വ കൽപ്പനകൾക്ക് ഹേതു വേണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് കല്പന ഒരു കൽപ്പന ഉണ്ടാക്കുന്നതിന് കാരണം വേണ്ട മനസ്സിലായ സ്വപ്നം കല്പനയാണ് എന്താണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് ഞാൻ ചെലവ് വെച്ച് പറന്ന് കാരണം വേണം ഏ ഇപ്പ ഇവിടെ എനിക്ക് ചെറു വെച്ച് പറഞ്ഞ എന്തുവേണി ചെറവുണ്ടായാലേ തീരും ഈ ശരീരം വെച്ചുകൊണ്ട് പറക്കാൻ പറ്റില്ല ചെറു കൊള്ള ഒരു പ്രത്യേക ശരീരം വേണം പക്ഷെ കല്പന സ്വപ്നം കല്പനയാണ് അവിടെ നിന്നാണ് പറക്കുന്നതിനും ഒരു ഹേതുല്ല ഹേതു ഇല്ലാതെ തന്നെ ഞാൻ ചെയ്യുന്നു സ്വപ്നത്തിൽ ഏ സ്വപ്ന ആ സ്വപ്നത്തില് സ്വപ്നത്തിൽ നിന്ന് സ്വപ്നത്തിൽ നിന്നേ ഒരാളങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നത്തിൽ നിന്ന് അയാള് ഉണരാതിരിക്കണെങ്കിൽ പിന്നെ അയാളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നെ എവിടെയായിരിക്കും ഇവിടെ അല്ല പിന്നെ സ്വപ്ന ലോകത്താണ് അത് ഈ ലോകമല്ല അപ്പൊ ആ കാര്യം കൂടെ ചർച്ച ചെയ്യാൻ പറ്റില്ല അവിടെ സ്വപ്നത്തിന് കാഴ്ചക്കാർ ആയിരിക്കും ഏ ജാഗ്രത ഒരിക്കലും ഭാഗത്തല്ലേ എന്തുകൊണ്ട് അതേ തന്നെ ജാഗ്രതെന്ന് പറയുന്ന ഏതാണ് ഇതാണ് അതെങ്ങനെ സ്ഥിരമായ അതാകുന്ന നമുക്കിത് സ്ഥിരമായത് ഉണ്ടല്ല ഇത് ജാഗ്രത ആയതുകൊണ്ട് നമുക്ക് സ്ഥിരമായിരിക്കുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് സ്വപ്നം എന്ന് പറയുന്നത് ഒരാളിങ്ങനെ സ്വപ്നത്തിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആ സ്വപ്നം കാണുന്ന ആളിന് എന്താണ് തിരിച്ചറിവില്ല എന്താണ് ജാഗ്രത ആണോ സ്വപ്നമാണോ മറ്റെന്തെങ്കിലും അവസ്ഥയാണോ അങ്ങനെയുള്ള തിരിച്ചറിവൊന്നുമില്ല അത് ഒരു ക്ഷണികമായ ഒരു അനുഭവം ക്ഷണത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇനി സ്വപ്നത്തിൽ ഒരാൾക്ക് തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം അയാൾക്കവിടെ ഒരു ചിന്ത ആവശ്യമാണ് ഇത് സ്വപ്നമാണോ ഇത് ജാഗ്രതാണോ ഇങ്ങനൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്താണ് അയാൾ തീരുമാനത്തെത്തുന്നതെന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല സ്വപ്നം കാണുന്നയാൾ എന്ത് ചെയ്യണം ചിന്തിച്ചിട്ട് വേണം അത് സ്വപ്നമാണോ ജാഗ്രത നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവിടെ ഇരുന്ന് ജാഗ്രത ആണെന്നുള്ള ബോധത്തോടുകൂടി ചിന്തിക്കുകയാണ് അപ്പൊ സ്വപ്ന എന്ന് പറയുന്നത് ക്ഷണികമായി സംഭവിക്കുന്നത് തന്നെ ഒരാൾ സ്വപ്നം കാണുമ്പോ അയാൾ സ്വയം വിചാരിക്കുകയാണ് സ്വപ്നം കണ്ടാ പോരാ അയാള് ചിന്തിക്കുകയാണ് എന്താണ് ഇത് ജാഗ്രത ആണോ എന്ന് ചിന്തിച്ചാൽ അയാൾക്ക് അപ്പോ ജാഗ്രത ആയിട്ട് അനുഭവപ്പെടും ചിന്തിച്ചില്ലെങ്കിൽ അങ്ങനെ അനുഭവം ഉണ്ടാകത്തില്ല അത് ദൃക്ഷാന്തമായി പറയുന്നു പറയുന്നത് എന്തുകൊണ്ട് മിഥ്യാത്വമാണ് സ്വപ്നം അങ്ങനെയാണോ മിഥ്യ അതുപോലെ എന്താണ് ജാഗരത്വം മിഥ്യയാണ് അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നതാണ് ഏഹ് ദൃഷ്ടി ദൃഷ്ടിവാദത്തില് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണ് വാസ്നിഷ്ഠത്തിൽ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യ ആയതുകൊണ്ട് ജാഗ്രത്വം എന്ന് പറയുന്നത് എന്താണ് അത് മിഥ്യയാണ് മിഥ്യയാണെന്ന് പറയാൻ പിന്നെ നമുക്ക് എന്ത് പറഞ്ഞാലേ സ്വപ്നം അതുകൊണ്ട് സ്വപ്നം പോലെ മിഥ്യയാണെന്ന് പറയും അത് സമാധി ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു ജാഗ്രത ഇല്ല വീണ്ടും സമാധി കഴിഞ്ഞു വരുമ്പോൾ എന്താണ് ജാഗ്രത ഉണ്ട് അപ്പൊ ഇത്രയും കാലം ഞാൻ കടന്നു വന്ന ജാഗ്രതകളെല്ലാം എന്താണ് സ്വപ്നം പോലെ അത് സമാധിക്ക് അംഗീകരിച്ചുകൊണ്ട് പറയുന്നതാണ് അദ്വൈത സിദ്ധാന്തം തന്നെയാണ് ഇതെല്ലാം അദ്വൈത സിദ്ധാന്തം തന്നെയാണ് പക്ഷെ അതിന് അതിനകത്ത് പല ചിന്തകളുണ്ട് എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് തത്കാലത്തിലേയുള്ളു ആ അനുഭവം ജാഗ്രതങ്ങനെ പറയാൻ കഴിയില്ല സ്വപ്നം അങ്ങനെ ആയതുകൊണ്ട് ജാഗ്രത അങ്ങനെ ആയിക്കൊള്ളണമെന്ന് പറയാനും പറ്റത്തില്ല സ്വപ്നം ഇങ്ങനെ ആയിരിക്കുന്നത് സ്വപ്നത്തിന്റെ കാര്യമാണ് ജാഗ്രത ഇങ്ങനെ ആയിരിക്കുന്നത് ജാഗ്രത കാര്യമാണ് ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്തുണ്ട് സ്വപ്നം അങ്ങനെയല്ല സ്വപ്നം അങ്ങനെ ആയതുകൊണ്ട് ജാഗ്രത അങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്നാ ഞാൻ പറയാം കാരണം എന്തുകൊണ്ട് ജാഗ്രത അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് എന്താണ് നമ്മളറിയാത്തപ്പോഴും ജാഗ്രത എന്തുകൊണ്ട് വസ്തുക്കളുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് അറിയാന്ന് വെച്ചാൽ പിന്നെ അവിടെ ചോദ്യം പിന്നെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കിപ്പോൾ എല്ലാ സമയവും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അറിഞ്ഞാൽ പിന്നെ എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോ അറിയാന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്ന മാത്രമുള്ള അറിവ് പലതരത്തിലുള്ള അറിവുകളുണ്ട് സ്മരിക്കുന്നൊണ്ട് പ്രത്യക്ഷമായി കണ്ണുകൊണ്ട് കാണുന്നതുണ്ട് മറ്റേന്ദ്രിയങ്ങളുണ്ട് കാണുന്നുണ്ട് അനുമാനിക്കുന്നുണ്ട് പലതരത്തിലുള്ള അറിവുകളുണ്ട് അപ്പോൾ ഇത്തരം പലതരത്തിലുള്ള അറിവുകൾ ഉള്ള സമയത്തെ ആ വിഷയമുള്ളൂ എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് അത് ബദ്ധമാണ് അതുകൊണ്ട് ആരോപിത ദൃഷ്ടി അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നു ആരോപിത ദൃഷ്ടി കാണുന്നു എന്ന് പറയുന്നത് സ്വപ്ന ദൃഷ്ടാന്തത്തെ വെച്ചുകൊണ്ട് പറയുന്നു മനസ്സിലായോ സ്വപ്ന അപ്പൊ സുഹൃത്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴത് പറഞ്ഞു സുഹൃത്തിയിൽ ശരീരം ഇന്ദ്രിയം ഇതൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നവനെ സംബന്ധിച്ച് അറിയുന്നില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അറിയുന്നില്ല എന്ന് പറയുന്നു ഇല്ല എന്ന് പറയുന്നത് രണ്ടാണ് ഒന്നല്ല സ്വപ്നത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല സ്വപ്നം കാണുന്നില്ലെങ്കിൽ വിഷയമില്ല ജാഗ്രത അങ്ങനെയാണ് ജാഗ്രത അങ്ങനെയല്ല ജാഗ്രത എന്ന് പറയുന്നത് ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു ഞാൻ ഉണർന്നിരിക്കുന്നു അപ്പൊ ഞാൻ അറിയുന്നത് കൊണ്ടാണ് അയാൾ ഉറങ്ങിക്കിടക്കുന്നെന്ന് പറയുന്നത് പരമാവധമാണ് ജാഗ്രതനെ സംബന്ധിച്ച് സ്വപ്നത്തെ സംബന്ധിച്ച് അങ്ങനെ പറയണം സ്വപ്നം ജാഗ്രത പോലെ പിന്നെ എന്തുകൊണ്ടും അദ്വൈതത്തിൽ അങ്ങനെ പറയുന്നു ഉറങ്ങിക്കിടക്കുന്നവൻ എന്റെ ആരോപിത ദൃഷ്ടിയാണ് എന്ന് വെച്ചാൽ ഞാൻ ആരോപിക്കുന്നതാണത് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്വൈതത്തെ ഒരു സിദ്ധാന്തമായി സ്വീകരിച്ചിരിക്കുന്നോണ്ട് പറയുന്നു അല്ലാതെ ആ പറയുന്നതിൽ യുക്തി ഇല്ല മനസ്സിലായോ ആരോ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് അദ്വൈതം സിദ്ധാന്തത്തിൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ദൃഷ്ടി സൃഷ്ടിവാദം അനുസരിച്ച് ദർശനകാലത്തെ വിഷയങ്ങളുള്ളൂ എന്നുള്ള അതനുസരിച്ചിട്ട് അങ്ങനെ പറയാം പക്ഷെ അതിനകത്ത് യുക്തി പറയാൻ പറ്റില്ല അദ്വൈതത്തെ സമർത്ഥിക്കാൻ കൊണ്ടുവരുന്ന യുക്തി എന്ന് പറയുന്നത് എന്നാണ് ജാഗ്രത സ്വപ്നമായിട്ട് ഉപയോഗിച്ച് പറയുന്നത് രണ്ടും രണ്ട് സ്വഭാവം ഉള്ളത് തന്നെ ജാഗ്രത സ്വപ്നത്തെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല ജാഗ്രത വേറെയാണ് സ്വപ്നം വേറെയാണ് സ്വപ്നത്തിൽ ഈ പറയുന്ന എല്ലാം യോജിക്കും അത് ജാഗ്രത അതുകൊണ്ട് പിന്നെ സുഹൃത്തിയിലേക്ക് വന്ന ആറിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ആർ ഐ സ്കാൻ ചെയ്ത് നമുക്ക് ഉറങ്ങിക്കിടക്കുന്നവന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ തടച്ചുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അവിടെ നടക്കുന്ന വൈദ്യുത പ്രവാഹവും മറ്റും കളക്കാൻ പറ്റും അത് വച്ചിട്ട് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ അവൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസിലാക്കാൻ പറ്റും ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും അപ്പൊ ബ്രെയിനിൽ പ്രവർത്തനം നടക്കുമ്പോ അവിടെ അറിവില്ലെന്ന് നോക്കിങ്ങനെ പറയാൻ പറ്റും അറിവുള്ളപ്പോ ബ്രെയിനിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് റിവില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അറിവുണ്ട് കാരണം അറിവിനെ മെഷീൻ വെച്ച് അറിവായിട്ട് ഇളക്കാൻ പറ്റില്ല മെഷീൻ വെച്ച് എന്താണ് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളായിട്ട് അറിയാൻ പറ്റും അപ്പൊ അവിടെ ഇപ്പോ തീരുമാനിക്കാൻ പറ്റത്തില്ല നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് കൃത്യമായി ബ്രെയിനിൽ നടക്കുന്നതല്ല എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല അറിയാൻ പറ്റില്ല അറിവില്ലാത്തവരെയാണ് സംഭവം നടക്കുന്നില്ല എന്ന് പറയുന്നവരാണ് രണ്ടും രണ്ടാണ് എന്നുവെച്ചാൽ ഉണ്ടായിരിക്കുക ഇല്ലായിരിക്കുക എന്ന് ഈ രണ്ട് കാര്യങ്ങൾ ബാക്കിയമായ കാര്യങ്ങൾ നമ്മുടെ അറിവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി നമ്മുടെ അറിവിനെ ആചരിച്ചെന്ന് പറയാം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ സുഖമുണ്ട് അപ്പോൾ എന്താണ് എനിക്കറിയാം ഉണ്ടെങ്കിൽ ഞാൻ അറിയും സുഖം ഞാൻ അറിയുമ്പോഴേ സുഖമുള്ളൂ ഞാൻ അറിയാത്ത ഒരു സുഖം അവിടെ ഇല്ല എന്നൊക്കെ എനിക്ക് പറയാം ആന്തരികമായ കാര്യങ്ങൾ സബ്ജക്റ്റീവെന്ന് പറയാം പക്ഷെ ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല കാരണം ബാഹ്യമായ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നത് ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ടാണ് ആന്തരികമായ കാര്യങ്ങളാ നമ്മൾ ഗ്രഹിക്കുന്നത് കേവലം മനസ്സുകൊണ്ടാണ് രണ്ടു തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ അറിവിനെ വച്ച് തീരുമാനിക്കാൻ പറ്റിയില്ല നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വിഷയം ഉണ്ടായിരിക്കും മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പെട്രോൾ കണ്ടുപിടിച്ച എപ്പോഴാണോ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ശേഷമാണ് വ്യാപകമായ രീതിയിൽ ഉപയോഗിക്കാത്ത കൈ കണ്ടുപിടിച്ചു അതിനടുത്താനുമ്പോ അവിടെ മണ്ണിന്റെ അടി പെട്രോൾ ഇല്ലായിരുന്നാണോ ആണോ അതും പെട്രോൾ ഉണ്ടായിരുന്നോ നമ്മളറിഞ്ഞില്ല അതുകൊണ്ടില്ലെന്ന് പറയാൻ പറ്റും നമ്മളറിഞ്ഞില്ല അതുകൊണ്ടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ടായിരുന്നു അതിന് പോണ്ടായിരുന്നു മണ്ണ് കുടിക്കുമ്പോ ഒരു സാധനം വരാം പെട്രോളാണോ ഡീസലാണോ അതൊന്നും അവർക്കറിയില്ലായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് അതൊക്കെ എവിടെ ഉണ്ടായിരുന്നു ഭൂമിക്കടീലുണ്ടായിരുന്നു മനുഷ്യത് കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്നതിനൊന്നും അപ്പൊ അറിയുന്നത് കൊണ്ടേ ഉള്ളൂ അറിയാത്തപ്പോയില്ലെന്ന് പറയുന്നത് സ്വപ്നത്തിലേക്ക് ശരിയാവും ജാഗ്രത്തിലേക്ക് അത് ശരിയായില്ല നമ്മള് ജനിച്ചതിന് ശേഷമാണ് നമ്മുടെ അപ്പന അപ്പന്മാരെ കുറിച്ചൊക്കെ അറിഞ്ഞു ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് അവരൊക്കെയുള്ളത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ അവരാരും ഇല്ലെന്ന് പറയുന്ന അർത്ഥമുണ്ട് അവിടെ എന്താ പറയുന്നത് ഞാൻ അറിയുന്നില്ലെങ്കിൽ എനിക്ക് അവരെ കുറിച്ച് അറിവില്ല എത്രയുള്ളൂ അപ്പൂപ്പൻറെ അപ്പൂപ്പൻറെ അപ്പൻ ഇല്ലെന്നല്ല ആരാണെന്ന് എനിക്കറിയില്ല ഒരു രൂപമില്ല മനസിലായോ അതുകൊണ്ട് സുഷുപ്തിന് എന്താണ് എന്തൊക്കെയാ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ലായ്മയുണ്ട് ഈ ദാർശനികമായി ചെയ്യുന്ന എന്താണ് അവരുടെ അറിവില്ലായ്മയെ കൂടെ അവരെന്താക്കി മാറ്റും അറിവില്ലായ്മ എന്തായിട്ടാ മാറ്റുന്നു അവരുടെ അറിവാക്കി മാറ്റും അവിടെയാണ് കൂടെ അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് സമ്മതിക്കണം അറിയില്ല എന്ന് സംഭവിക്കണം അറിയാവുന്ന ഇത്രയൊക്കെയാണ് അത് ശരി അറിയാമെന്നുള്ളത് അറിയാവുന്ന രീതി പറയുന്നു അറിവില്ലാത്ത അറിവില്ലാത്ത എന്നും പറയുന്നു അപ്പൊ പിന്നെ അദ്വൈതം എന്താണെന്ന് ചോദിക്കും അദ്വൈതം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ് അങ്ങനെ വേണമെങ്കിലും എപ്പോഴും മനസ്സിലാക്കും ഒരു സിദ്ധാന്തം നമ്മൾ അദ്വൈതത്തെ മനസ്സിലാക്കുന്നു പറഞ്ഞാൽ എന്താണ് ആ സിദ്ധാന്തത്തെ നമ്മൾ മനസ്സിലാക്കും അതിലെന്തൊക്കെയാ ഉള്ളത് ആ സിദ്ധാന്തത്തിൽ പ്രപഞ്ചത്തെ കുറിച്ച് എന്ത് പറയും പിന്നെ ആത്മാവെന്ന് പറഞ്ഞാ എന്ത് പറയും പ്രപഞ്ചത്തെ കുറിച്ചോ നമ്മളെ അറിഞ്ഞത്തെ കുറിച്ച് ഇവിടെ നശിക്കുന്ന പ്രപഞ്ചാണോ അങ്ങനത്തെ നമ്മളെ ഇത്രയും കാലം അറിഞ്ഞുവെച്ച പ്രപഞ്ചത്തെ ആണോ ഞാൻ നശിക്കുന്നതാണോ ദ്വൈതത്തിന്റെ കാര്യം ചോദിക്കുകയാണ് അദ്വൈതകള് പറയുന്നത് എന്താണ് അദ്വൈതി പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉപാധാനം എന്ന് പറയുന്നത് അവിദ്യയാണ് പ്രപഞ്ച ഉപാധാനം അവിദ്യ മൂലാവിന്യ ഉപാദാനം നശി കഴിഞ്ഞാന്റെയും കാര്യമായ പ്രപഞ്ചവും നശി അതെപ്പോഴാണ് നശിക്കുന്നത് സമാധിത് അപ്പോൾ പ്രപഞ്ചം നശിച്ച പിന്നെ ശേഷിക്കും ഞാനും എല്ലാം ശേഷിക്കും ബ്രഹ്മം ഞാനും പ്രപഞ്ചകാര്യമാണോ ഞാനും നശിക്കും പിന്നെ എന്ത് ശേഷിക്കും ബ്രഹ്മം മാത്രം സേവിക്കും എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാക്കണം അദ്വൈതിയുടെ സിദ്ധാന്തമായിട്ട് മനസ്സിലാകണം അപ്പോ ഒരുപാട് അദ്വൈതികള് സമാധി പോയിട്ടുണ്ടല്ലോ ഇല്ലേ ഒരുപാട് അദ്വൈതികള് സമാധി പോയി കൊറേ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള അദ്വൈതികൾ സമാധി പോയിട്ടില്ല അതുകൊണ്ട് ഈ പ്രപഞ്ചമുണ്ട് അപ്പോ അന്ന് നശിച്ച പ്രപഞ്ചോ ഏ കാണുന്ന പ്രപഞ്ചത്തിന് ഉപാധനമാണ് എന്ത് വിദ്യ മൂലവിദ്യ എന്ന് പറയുന്നു അത് നശിച്ചാൽ എന്ത് നശിക്കും ഈ കാണുന്ന പ്രപഞ്ചമേ നശിച്ചു നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ഏച്ചാല് നല്ല ബ്രഹ്മമാണ് നമ്മള് ബ്രഹ്മമാണ് ഇല്ല പിന്നെ ബ്രഹ്മമേയുള്ളൂ സിദ്ധാന്തം എന്ന് പറയുന്ന തന്നെ നമുക്കിപ്പോ എന്തുണ്ട് മൂലാവിദ്യ ഉണ്ട് പ്രപഞ്ചമുണ്ട് നമ്മള് ബ്രഹ്മമാണ് നമ്മുടെ ആവിദ്യ നശിച്ചുകഴിഞ്ഞാൽ എന്ത് വരും നമ്മുടെ പ്രപഞ്ചം നശിച്ച് കാണുന്ന നമുക്ക് പിന്നെ ഈ പ്രപഞ്ചം ഇല്ല ബ്രഹ്മം മാത്രമേ ഉള്ളൂ നമുക്കും അങ്ങനെ തന്നെ ഇപ്പൊ മൂലാവിദ്യ നശിക്കാത്തവർക്കാണ് എന്തുള്ളത് പ്രപഞ്ചം ഉള്ളത് ഇത് സാധനം വെക്കാൻ വിറ്റുതല്ല ബാക്കി ചുറ്റി കെട്ടി കൊഴപ്പം ഓ ബ്രഹ്മാവ് സൃഷ്ടിച്ച് എല്ലാരും ബ്രഹ്മല്ല സൃഷ്ടിക്കുന്നു അവിടെയാണ് സൃഷ്ടിച്ച് ചില ആൾക്കാർ മോഷം നേടിപ്പോയി ബാക്കിയുള്ളത് ബ്രഹ്മാവിന് ശേഷം നശിക്കു ഇല്ലാണ്ട്രഹ്മം ബ്രഹ്മത്തിന് ഒരു കഴിയുമെന്താ ബ്രഹ്മത്തിനല്ല മൂലാവിദ്യ ബ്രഹ്മാവൊക്കെ മൂലാവിദ്യയുടെ സൃഷ്ടിയാണ് ായിട്ടല്ലേരോ അതൊക്കെ എല്ലാത്തിന്റെയും അവസാനത്തെ പടിയാണ് ഇപ്പൊ നമുക്ക് ഒരു മരണം അത് നശിക്കുന്നത് ഈ മൂലാവിദ്യ നശിക്കാത്തതുകൊണ്ട് അജ്ഞാനമുള്ളതും അജ്ഞാനുള്ളത് കൊണ്ട് മൂലാവിദ്യ നശിച്ചത് കഥ പിന്നെ പ്രപഞ്ചമേ ഇല്ല ഇല്ല പ്രളയം എന്താ അതിനാണ് പറയുന്നത് എന്താണ് ബ്രഹ്മരിഷ്ഠൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ത് വരുന്നു പ്രപഞ്ചമേ അല്ല പ്രപഞ്ചം നശിച്ചുപോയി മനസിലായോ പിന്നെ നമ്മളെയും കാണുന്ന പ്രപഞ്ച നമുക്കേ ഉള്ളൂ നമ്മൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും നശിക്കുന്നില്ല അപ്പൊ അങ്ങേർക്കും നശിച്ചു എനിക്കെന്താ നശിക്കാത്തെന്ന് വെച്ചാൽ നമ്മുടെ മൂലാവിധം നശിച്ചില്ല അതുകൊണ്ട് അതിനകത്ത് പൊരുത്തക്കേടുണ്ട് ഈ പറയുന്നത് അതാണ് നമ്മളെ മനസ്സിലിടന്ന് കറങ്ങുന്നത് മനസ്സിലായോ ഈ പൊരുത്തക്കേടുണ്ടോന്നുള്ളത് അദ്വൈതകൾക്ക് അറിയാം അതുകൊണ്ടാണ് അദ്വൈതികളിൽ ഒരു കൂട്ടർ ഇത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എന്തോ ഒരു ശരിയാവുന്നില്ല അതുകൊണ്ട് അദ്വൈതകൾ പറയുന്നത് എന്താണ് ഇതൊരാർക്കും മോക്ഷം ഉണ്ടായിട്ടില്ല മോക്ഷം ഉണ്ടായ എന്തു ചെയ്യും മൂലവിദ്യ നശിക്കും പിന്നെ പ്രപഞ്ചം കാണത്തില്ല അപ്പോ അതാണ് ദൃഷ്ടി സൃഷ്ടിവാദത്തിന്റെ സിദ്ധാന്തം എന്താണ് ഇതുവരെ ആർക്കും മോക്ഷം മോക്ഷമുണ്ടായിന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് വരുന്നു എന്താണ് കുറച്ചുപേര് വീണ്ടും ഇരിക്കുന്നു മൂലാവിദ്യം നശിച്ചു പ്രപഞ്ചമൂലം നശിച്ചു അതല്ല അനുഗ്രഹ സമാധാനം പറയുന്നതാണ് ഇതെന്താണ് ഇതുവരെ ആർക്കും മൂലാവിദ്യം നശിച്ചിട്ടില്ല എന്തെങ്കിലും നശിച്ചു കഴിഞ്ഞാൽ അന്നോടുകൂടി എന്തു ചെയ്യും ലോകമില്ല ആനുമില്ല നീയുമില്ല മറ്റവനുണ്ട് അപ്പൊ പ്രശ്നം തീർന്നു ശ്നം എന്തായിരുന്നു പ്രശ്നം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട് മനസിലായോ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അദ്വൈതകൾക്കും അറിയാം കുഴപ്പമുണ്ടെന്ന് അപ്പൊ പിന്നെ ചോദ്യം വരും ഒന്നാണോ പലതാണോ ഒന്നാണെന്ന് പക്ഷമുണ്ട് പലതാണെന്ന് പക്ഷമുണ്ട് മനസിലായോ അപ്പൊ ഇത് കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയൊന്നും ചെയ്യാതെ എന്തു ചെയ്യണം ഇതൊന്നും വിശ്വസിച്ച പ്രശ്നമൊന്നുമില്ല വിശ്വസിക്കണം വിശ്വസിച്ച പ്രശ്നമൊന്നും ഏഹ് ഏത് അദ്വൈതത്തിന്റെ വാസ്തവം നമ്മള് എന്ത് ചെയ്യണം അദ്വൈതത്തിന്റെ വാസ്തവത്തെ കുറിച്ച് ഒരുപാട് പേര് കണ്ടുപിടിക്കുകയും ഒരുപാട് പ്രക്രിയകൾ ഉണ്ടാക്കുകയും ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ എന്താണ് ഓരോ കാലഘട്ടത്തിന്റെ മനുഷ്യന്റെ അറിവാണ് മനസ്സിലാകാം ഓരോ കാലഘട്ടത്തിൽ ഓരോ അറിവ് ശരിയായിരിക്കും കാലം മാറി മാറി വരുമ്പം എന്ത് വരുന്നു മനുഷ്യന്റെ അറിവിലും മാറ്റം വരുന്നു അദ്വൈതം ശരിയാണ് ആ കാലഘട്ടത്തിൽ അദ്വൈതമെന്ന് പറയുന്നത് ശരിയായിരുന്നു അതിപ്പോ അദ്വൈതം ശരിയാണെന്ന് ചോദിച്ചാൽ അദ്വൈതം ശരിയാണെങ്കിൽ പിന്നെ രാമാനുജം വന്നിട്ട് തന്നെ എതിർക്കേണ്ട കാര്യമുണ്ട തെറ്റെന്ന് പറയേണ്ട കാര്യമുണ്ടാ അപ്പൊ പിന്നെ എന്താണ് രാമാനുജനെന്താ ബോധ്യപ്പെടാത്തത് അപ്പോ അദ്വൈതത്തിന് എന്തോ പോരായ്മയുണ്ടെന്ന് തോന്നി എന്താ അത് ഇതിന്റെ സിദ്ധാന്തം തെറ്റെന്ന് പറഞ്ഞു പറയുന്ന കുഴപ്പമില്ല അധ്യം തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഉണ്ടായിരുന്നാ പോലെ പുള്ളി എന്ത് ചെയ്തു വേറെ സിദ്ധാന്തം ഉണ്ടാക്കി പിന്നെ വേറെ ആൾക്കാർ വന്നിട്ടെന്ന് പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞു ഏരിയ അല്ല അത് അതില് പ്രശ്നം വരുന്ന എന്തെന്ന് വെച്ചാല് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ഉത്പത്തി ഇങ്ങനെയൊക്കെയുള്ള വല്യ വല്യ വല്യ കാര്യങ്ങളിലൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല മനുഷ്യന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സമാധാനം കണ്ടെത്തുകയാണെങ്കിൽ അത് നിലനിൽക്കും അതാണ് മനുഷ്യന് ആവശ്യം പ്രപഞ്ചം മിഥിയാണെന്നുള്ള ഒരു സിദ്ധാന്തത്തിന് ഇതുവരാർക്കും നോവൽ പ്രൈസ് കൊടുത്തിട്ടില്ല ഏ അങ്ങനെ ആർക്കില്ല ഏ അത് തന്നെ പ്രപഞ്ചം മിഥിയാണെന്ന് കണ്ടുപിടിച്ചതിന് ഇത് ഒരാർക്കും നോവൽ പ്രൈസ് കൊടുത്തിട്ടില്ല അതൊക്കെ വേറെ പറയുന്നു പിന്നെന്തെന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് പ്രപഞ്ചം മിഥ്യയാണെന്ന് വിശ്വസിക്കുന്നവർ കാണും പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ഈ അദ്വൈത ഒക്കെ കേട്ടിട്ട് വിശ്വസിക്കുന്നവർ കാണുക അങ്ങനെയുള്ളവർ കാണും കാരണം ശാസ്ത്രജ്ഞന്മാരിൽ പല വിശ്വാസികളുണ്ട് ക്രിസ്തീയ വിശ്വാസികളുണ്ട് ഇസ്ലാമിക വിശ്വാസികളുണ്ട് ഹൈന്ദവ വിശ്വാസികളുണ്ട് അങ്ങനെയുള്ള വിശ്വാസികൾ ശാസ്ത്രജ്ഞന്മാരും കാണും അല്ലാതെ പ്രപഞ്ചം മിഥ്യാണെന്ന് കണ്ടുപിടിച്ച് അതിന് നോബൽ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞ് ഇതുവരെ നോബൽ സമ്മാനത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമില്ല പിന്നെ ഇതിനെ കുറിച്ചൊന്നും നോവൽ സമ്മാനത്തെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരുടെ അടുത്തതൊക്കെ പറഞ്ഞ് എന്താണ് ഇവിടെ പ്രപഞ്ചം മിഥ്യാണെന്ന് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് വേറെ അത് പ്രപഞ്ചം മിഥ്യന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് വേറെ പ്രപഞ്ചം മിഥ്യന്ന് പറയുന്നത് രണ്ട് രണ്ടും അത് അതുമായിട്ട് ബന്ധമൊന്നും കൊണ്ടമിക്സ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ അതിന്റെ കണികാതലത്തിൽ പഠിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അവിടെ കണികാതലത്തിൽ പഠിക്കുമ്പോ മനുഷ്യർക്ക് വിശദീകരിക്കാൻ ശരിയായ വിശദീകരണത്തിന് സാധ്യമല്ലാത്ത പല പ്രതിഭാസങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ജഗത്ത് സത്വമെന്നോ നിർവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മിഥ്യാത്വം അല്ല പറയും ും ശാസ്ത്രജ്ഞന്മാര് മനസിലാക്കിയത് എന്താണ് അവർക്കത് ശരിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല അത് കോണ്ടം കോണ്ടം സയൻസ് എന്ന് പറയുന്ന ഏത് കാലത്താണോ ആവിഷ്കരിച്ചത് അന്ന് തന്നെ ശാസ്ത്രജ്ഞന്മാർ മനസിലാക്കിയ കാര്യമാണ് അപ്പൊ അന്നത്തെ പ്രധാന പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരെല്ലാം അന്ന് ഈ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അദ്വൈതമൊക്കെ പഠിച്ചാലെന്ത് എന്ന് പറഞ്ഞ് തിരിഞ്ഞ് മാത്സ് പ്ലാങ്കിനെ പോലെയുള്ളവരൊക്കെ അദ്വൈതമൊക്കെ അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അതൊന്നും ഒരിടത്ത് എത്തിയില്ല അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ പറയുന്നത് അത് സൂപ്പർ പൊസിഷൻ പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് അതിൽ പറയുന്നുണ്ട് പിന്നെ പല പല ആശയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതും ശരിക്കും വിശദീകരിക്കാൻ അത് കണ്ടെത്തിയവർക്ക് തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് അതൊക്കെ കണികാതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിനീ കാണുന്ന നമ്മളെ കാണുന്ന ലോകമായിട്ട് തന്നെ ഒരു ബന്ധമില്ല പിന്നെ എന്തുവരും ഈ അദ്വൈതത്തിലൊക്കെ വിശ്വസിക്കുന്നവർ സയൻസിന്റെ പിൻബലം കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ഇങ്ങോട്ടെടുത്തോണ്ടരും താണ് ഇതെന്ന് പറയും അതൊരു ഭ്രാന്തി എന്നുള്ളത് അതുകൊണ്ട് എന്താണ് സുഹൃത്തി പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് മനുഷ്യന് ഒരുപാട് അറിവില്ലായ്മയുണ്ട് ഇന്നും ഉണ്ട് അറിവില്ലായ്മയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അറിവില്ലായ്മയായിട്ട് തന്നെ വയ്ക്കണം അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ എന്നാൽ പ്രശ്നം അതുകൊണ്ട് വലിയ സിദ്ധാന്തങ്ങളൊക്കെ പറയുമ്പം മനുഷ്യന്റെ ഓരോ കാലത്തെ അറിവെച്ചവർ പറയുന്ന സിദ്ധാന്തങ്ങളെന്ന ഇതിനൊക്കെ അർത്ഥമാണ് കാലം മാറുമ്പോൾ മനുഷ്യന്റെ സിദ്ധാന്തങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കും ഇത്രയുള്ളൂ പിന്നെ എല്ലാവരും പറയുന്നതിനും കുറെ ശരികൾ കാണും കുറെ അബദ്ധങ്ങളും കാണും രണ്ടും കാണും